അറിവ് നിനക്ക് ലഭിച്ചതിനു ശേഷം ആരെങ്കിലും ഈ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക വരൂ നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമ്മെയും നിങ്ങളെയും നമുക്ക് വിളിക്കാം പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാം കള്ളം പറയുന്നവരുടെ മേൽ അല്ലാഹുവിൻറെ ശാപമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം